ും ഉപദേശിച്ച ശ്രീ സുഖബ്രഹ്മ മഹർഷി പരീക്ഷത്തിന് അവസാനമായിട്ടുള്ള ഉപദേശം ബ്രഹ്മോപദേശം ഹേ രാജൻ ഏഴു ദിവസമായിട്ട് ഭാഗവതം കേൾക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചത് എന്തുകൊണ്ട ഈ തക്ഷകദംശ ശാപം തക്ഷകൻ കടിക്കാൻ പോകുന്നു എന്നുള്ള ഈ ശാപം അനുഗ്രഹമായിട്ട് തീർന്നു ഏഴു ദിവസം ഭാഗവത കഥ കേട്ടു ആദ്യം രാജാവ് പറഞ്ഞു ഈ തക്ഷകംശം കൊണ്ട് ഈ ശാപം കൊണ്ട് എനിക്ക് അനുഗ്രഹമുണ്ടായി എല്ലാം നമ്മളെ വിട്ടുപോകുന്നതാണെന്ന് ഞാൻ കണ്ടു വിമർശിതൗ ഹേതയാ ഇപ്പൊ ഭഗവാൻ മാത്രമേ ഉള്ളൂ സത്യവസ്തു എന്ന് കണ്ടു ഇപ്പൊ ഏഴ് ദിവസം ഭാഗവതം കേട്ടതിന്റെ പ്രയോജനം എന്താ ശുഖാചാര്യർ പറഞ്ഞു രാജാവേ അവിടുന്ന് മരിക്കാൻ പോകണൂ എന്നുള്ള ഈ ബുദ്ധിങ്ങൾ ഉപേക്ഷിക്കാം മരണം ശരീരത്തിനാണ് ശരീരം നമ്മളുടെ യഥാർത്ഥ സ്വരൂപമല്ല ത്വം തുജൻ മരിഷ്യേതി പശുബുദ്ധിമിമാം ജഹിം ജാതസ്തു പ്രാഗൂതോദ്യ ദേഹവത്വം ത്വം തുരാജൻ മരിഷ്യേതി പശുബുദ്ധിമിമാം ജഹി രാജൻ അവിടുന്ന് മരിക്കാൻ പോണു എന്നുള്ളത് ഈ പശുബുദ്ധി അജ്ഞാനത്തിനെ ഉപേക്ഷിക്കാം ഈ ദേഹം ജനിക്കുന്നു ദേഹം വളരുന്നു ദേഹം പരിണമിക്കുന്നു ദേഹം ക്ഷയിക്കുന്നു ദേഹം മരിക്കുന്നു കൌമാരം യൌവനം ജരാ ഇതൊക്കെ അറിയാത്തതുപോലെ ഇപ്പൊ ശരീരം വീണുപോകുന്നതും പറയില്ല ശ്രദ്ധ ശരീരത്തിലാണെങ്കിൽ മരണമുണ്ട് ശ്രദ്ധ സ്വരൂപത്തിലാണെങ്കിൽ മരണമില്ല ശ്രദ്ധയെ ശ്രീ സുഖബ്രഹ്മ മഹർഷി പതുക്കെ ശരീരത്തിൽ നിന്നും സ്വരൂപത്തിലേക്ക് തിരിച്ചുവിട്ടു എങ്ങനെയാ ധ്യാനിക്കേണ്ടത് എന്തിനെയാ ധ്യാനിക്കേണ്ടത് ഇപ്പൊ ശരീരത്തിനെ തക്ഷകൻ കൊണ്ടുപോകാൻ പോകണം പരീക്ഷത്തിന് മാത്രല്ല നമ്മളുടെ ഒക്കെ കഥ ശരീരത്തിനെ നമ്മളുടെ ഒക്കെ ശരീരം തക്ഷകൻ കൊണ്ടുപോകും എന്നെങ്കിലും ഒരു ദിവസം മൃത്യു ആവുന്ന തക്ഷകൻ കൊണ്ടുപോകും അപ്പൊ എങ്ങനെ ഇരിക്കണം ഏത് സ്ഥിതിയിലിരിക്കണം ശുഖാചാര്യർ ആ ഉപദേശമാണ് രാജാവിന് കൊടുക്കണത് മഹാവാക്യോപദേശമാണ് മഹാവാക്യം ആദ്യത്തെ മഹാവാക്യം പ്രജ്ഞാനം ബ്രഹ്മം ബ്രഹ്മത്തിന്റെ ലക്ഷണം എന്താണ് പ്രജ്ഞാനമാണ് ബോധമാണ് ചൈതന്യമാണ് ബ്രഹ്മം ശരി മനസ്സിലായി അത് വെറൊരു വാക്കാണല്ലോ അപ്പോ പ്രജ്ഞാനം ബ്രഹ്മ എന്ന് വെച്ചാൽ പ്രജ്ഞാനം എന്ന് വെച്ചാൽ ബോധമാണ് ബ്രഹ്മമാണ് എന്നുള്ളത് വാക്ക് അതിനെ എവിടെ അറിയും എവിടെ കണ്ടെത്തും എങ്ങനെ അനുഭവിക്കും എന്ന് ചോദിച്ചാൽ അഹം ബ്രഹ്മാസ്മി അടുത്ത മഹാവാക്യം അഹം ബ്രഹ്മാസ്മി എന്ന് ആളുകൾക്ക് ഒരു ധാരണ ചിലപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാവണത് അതുകൊണ്ടാണ് ഈ മഹാവാക്യമൊക്കെ ശരിക്കു പരമ്പരയാ ശ്രവണം ചെയ്യണം എന്ന് പറയണം തെറ്റിദ്ധാരണ ഉണ്ടാവണത് ഞാൻ ബ്രഹ്മം ഞാൻ ബ്രഹ്മം ബ്രഹ്മം എന്താണെന്നേ അറിയില്ല അപ്പന്നെങ്ങനെ പറയും അതിനർത്ഥം ഈ ഞാൻ ഞാൻ എന്ന അനുഭവം അതെന്താണ് എന്ന് ശ്രദ്ധിച്ചു നോക്കുമ്പോ അത് ശരീരമോ മനസ്സോ ബുദ്ധിയോ അഹങ്കാരമോ ഒന്നും അതൊക്കെ പിരിഞ്ഞു മാറി കേവലമായ സത്താം കേവലമായ വസ്തു അത് ഹൃദയത്തില് പ്രകാശിക്കും ആ പ്രകാശം അതാണ് ബ്രഹ്മം ദേഹാനുഭവമോ ദേഹമോ മനസ്സോ ബുദ്ധിയോ അഹങ്കാരമോ നിഷേധ എല്ലാത്തിനെയും നിഷേധിച്ചു കഴിഞ്ഞാൽ ഏതൊന്നു ശേഷിക്കുമോ ആ വസ്തു അതിനെ ഉറപ്പിക്കാനാണ് ഇവിടെ ശുഖാചാര്യർ ഉപദേശിക്കുമ്പോൾ ആ തെറ്റിദ്ധാരണ വരാതിരിക്കാനായിട്ട് അഹം ബ്രഹ്മപരം ധാമ ബ്രഹ്മാഹം പരമം പദം അങ്ങട്ട് ഇങ്ങടും തിരിച്ചു പറഞ്ഞു ഞാൻ ബ്രഹ്മമാണ് ബ്രഹ്മമാണ് ഞാൻ ആ ബ്രഹ്മം ആണ് ഹൃദയ കുഹരമധ്യേ കേവലം ബ്രഹ്മമാത്രം ഹി അഹം അഹം ഇതി സാക്ഷാത് ആത്മരൂപേണ ഭാതി ഹൃദയമാവുന്ന കുഹരത്തിൽ ഭഗവത് സ്വരൂപം ഭഗവാൻ തന്നെ ഞാൻ ഞാൻ ഞാൻ ഞാൻ എന്ന അനുഭവരൂപത്തിൽ പ്രകാശിക്കുന്നു ഈ ഞാൻ എന്ന അനുഭവത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല എത്ര ഇരുട്ടിൽ അന്ധകാരത്തിൽ എഴുന്നാലും ഞാൻ ഉണ്ട് എന്ന അനുഭവമുണ്ട് ശരീരമുണ്ട് എന്നുള്ള അനുഭവമില്ല എനിക്കറിയുന്ന ഒരാള് കാലാബ്യൂട്ടായിട്ട് ചെയ്തെടുത്തു ഒന്ന് രണ്ട് മാസം കഴിഞ്ഞ് വേദനയൊക്കെ പോയി ഒരു ദിവസം പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്നു ഫോൺ വന്നു ഇയാൾക്ക് കാലില്ല എന്നുള്ള കാര്യം ഓർമ്മയില്ല കട്ടിൽ നിന്ന് എഴുന്നേറ്റ് നടന്നു ചുവട്ടിൽ വീണു എന്താ കാലില്ല കാല് ഉണ്ട് ഇല്ല എന്നൊക്കെ അറിയണമെങ്കിൽ സെൻസേഷൻ വേണം ഇന്ദ്രിയങ്ങൾ കൊണ്ട് വേണം അറിയാൻ പക്ഷെ ഞാൻ ഉണ്ട് അറിയാൻ വേറെ ആരുടെയും ബോധനം ആവശ്യമില്ല സ്വബോധേ അന്യബോധേച്ഛ ബോധരൂപതയാ ആത്മന ദീപസ് അന്യദീപേച്ഛ യഥാസ്വാത്മപ്രകാശനേ ഒരു വിളക്കുണ്ട് എന്നറിയാൻ മറ്റൊരു വിളക്ക് വേണ്ട അതുപോലെ താൻ ഉണ്ട് എന്നുള്ള അനുഭവത്തിനെ നിരൂപണം ചെയ്യാൻ വേറെ ആരും വേണ്ട ആ അനുഭവത്തിനെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അത് ശരീരമോ മനസ്സോ ബുദ്ധിയോ അഹങ്കാരമോ ഒന്നും തന്നെയല്ല എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുന്ന ശുദ്ധമായ പ്രജ്ഞ ഭഗവത് സ്വരൂപം ഭഗവാൻ അവിടെ അവശേഷിക്കും അഹങ്കാരം അടങ്ങുന്ന സ്ഥലത്ത് വ്യക്തിബോധം ഇല്ലാതാവുന്ന സ്ഥലത്ത് അഹമിച്ച പ്രസുപ്തേ കൂടസ്ഥ ആശയമൃതേ തത് അനുസ്മൃത്യനഹ ഇത്രയും ഉപദേശിച്ചത് എപ്പോ ഭക്തി കൊണ്ട് പരിഭാഗപ്പെടുത്തി പരിഭാഗപ്പെടുത്തി പരിഭാഗപ്പെടുത്തി പരിഭാഗപ്പെടുത്തി കൊട്ടിയും കോല് കളിക്കുന്ന പോലെയാണ് വിദ്യാപ്രകാശാനന്ദഗിരിസ്വാമികൾ പറയും കൊട്ടിയും കോല് ആദ്യം ഒരടി അടിക്കും അടിച്ച് ഈ പുള്ളി ഇത്ര ഉയർന്നു കഴിഞ്ഞാൽ ഒരു അടി കൊടുത്താൽ മേലെ മേലെ പോകും അപ്പൊ ഭഗവത് കഥകൾ ഉയർത്തി ഉയർത്തി ഉയർത്തി ഉയർത്തി കൊണ്ടുവന്ന് അവസാനം പറഞ്ഞു തത്വമസീം ഏത് സത്യത്തിനെ നീ അന്വേഷിക്കുന്നു ഏത് ഭഗവാൻ നീ അന്വേഷിക്കുന്നു ഏതാണോ അഭയപദം എന്നുവെച്ചാൽ ഒരു മൃത്യുവിനും സ്പർശിക്കാൻ കഴിയാത്തതായ ഒരു സ്ഥാനം എവിടെ എന്ന് അന്വേഷിച്ചാൽ ശരീരം ഞാനാണെങ്കിൽ മൃത്യു കൊണ്ടുപോകും മനസ്സ് ഞാനാണെങ്കിൽ അത് ചലിച്ചുകൊണ്ടേയിരിക്കും ബുദ്ധി ഞാനാണെങ്കിൽ അതിന് അറിവും അറിവില്ലായ്മയൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ശരീരമല്ല ഞാൻ മനസ്സല്ല ഞാൻ ബുദ്ധിയല്ല ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്ന മൂന്ന് അവസ്ഥകളിലും മാറാതെ നിൽക്കുന്ന വസ്തുവാണ് ജാഗ്രതാവസ്ഥയിൽ ശരീരമുണ്ട് മനസ്സ് പ്രവർത്തിക്കണു ഞാനുണ്ട് സ്വപ്നാവസ്ഥയിൽ ശരീരമില്ല മനസ്സ് മാത്രം പ്രവർത്തിക്കണു അപ്പോഴും ഞാനുണ്ട് സുഷുപ്തി അവസ്ഥയിൽ ശരീരവും ഇല്ല മനസ്സും പ്രവർത്തിക്കണില്ല എങ്കിലും ഞാനുണ്ട് അതൊന്നു തന്നെ നമുക്ക് തെളിയും ശരീരവും മനസ്സും ഉള്ളപ്പോഴും ഞാനുണ്ട് ശരീരവും മനസ്സില്ലാത്തപ്പോഴും ഞാനുണ്ട് ഈ വ്യക്തിത്വം സുഷുപ്തിയിലില്ല എന്നുവെച്ചാൽ വെങ്കട്ടരാമൻ എന്നോ ശങ്കരൻ എന്നോ രാമൻ എന്നോ കൃഷ്ണൻ എന്നോ ഭേദം സുഷുപ്തിയിലില്ല പക്ഷെ സത്വമുണ്ട് സുഖമായി ഉറങ്ങി എന്ന് പറയുന്ന അസ്തിത്വം അവിടെ ഉണ്ട് ആ അസ്ഥിത്വമാണ് നമ്മളുടെ യഥാർത്ഥ സ്വരൂപം ആ അസ്തിത്വമാണ് അഹംപദത്തിന്റെ അർത്ഥം അഹംപദാർത്ഥം ഞാൻ എന്ന പദത്തിന്റെ ഉണ്മയായ പൊരുൾ ആ പൊരുൾ പരീക്ഷത്തിന് ശ്രീശുഖപുരം പറഞ്ഞു കൊടുക്കുക മാത്രമല്ല മനസ്സിനെ പതുക്കെ പുറമേ നിന്ന് തട്ടി അകത്താക്കി അവിടെ ഇരുത്തി ആ സച്ചിദാനന്ദ വസ്തുവിൽ അവിടെ ഇരുത്തി പരീക്ഷിച്ച് സ്വയമേവ ശരീരമല്ലാതെ ഇരുന്നു താൻ ശരീരമല്ല എന്നുള്ള ഉറപ്പുറ്റ അനുഭവത്തിൽ എന്ന് വെച്ചാൽ നിർവികൽപ്പ സമാധി അനുഭവം പരീക്ഷത്തിന് ഉണ്ടായി ആ അനുഭവം ഉണ്ടായി എന്ന് ഉറപ്പ് വന്നതുകൊണ്ട് ശ്രീ സുഖാചാര്യർ പറഞ്ഞു ഹേ രാജൻ അവിടുന്ന് ആ സ്ഥിതിയിലിരിക്കാം കുറച്ചു കഴിഞ്ഞാൽ തക്ഷകം വരും തക്ഷകന് അവകാശപ്പെട്ടതായി ഈ ശരീരം അദ്ദേഹം എടുത്തോട്ടെ ചോദിതോ വിപ്രവാക്യേന് ദക്ഷതി തക്ഷക താങ്കളെ തക്ഷകൻ കടിക്കില്ല ശരീരത്തിനെ കൊണ്ടുപോകും താങ്കൾ മൃത്യുവിനെ ഇല്ലാതാക്കിയിരിക്കുന്നു മൃത്യൂനാം മൃത്യു ഈശ്വരം മൃത്യവോ നോപക്ഷ്യന്തി മൃത്യൂനാം മൃത്യു ഉപനിഷത്ത് പറയുന്നു ജ്ഞാനികൾക്ക് മരണം എന്ന് പറയുന്നത് കൂട്ടിക്കഴിക്കാനുള്ള ഉപ്പേരിയോ അവിയലോ മറ്റേ പോലെയാണെന്നാണ് മൃത്യുഹു യസ്യ ഉപസേചനം അവിടുന്ന് മൃത്യുവിനെ കടന്നിരിക്കുന്നു മൃത്യു അങ്ങേ സ്പർശിക്കില്ല തക്ഷകൻ വന്ന് ദംശിക്കുമ്പോ അങ്ങയുടെ സ്ഥിതി എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ദശന്തം തക്ഷകം പാത ലേലിഹാനം വിഷാനനൈഹി ന ദ്രക്ഷസി ശരീരം ചെ വിശ്വം ചൃഥകാത്മന ഈ ദംശിക്കുന്ന തക്ഷകനോ അങ്ങയുടെ ദേഹമോ ഈ വിശ്വമോ ആത്മാവിൽ നിന്ന് അന്യമായി അങ്ങ് കാണില്ല വാസുദേവ സർവം സകലതും വാസുദേവസ്വരൂപം എന്ന അനുഭവസ്ഥിതിയിലിരിക്കും അതുകൊണ്ട് ഈ മരണം അങ്ങയ്ക്ക് അനുഭവപ്പെടുകയേ ഇല്ല എന്ന് ശ്രീ ശുഖാചാര്യർ പറഞ്ഞു ശുഖബ്രഹ്മ മഹർഷി പറഞ്ഞതുകൊണ്ടായില്ല പരീക്ഷത്തിന്റെ സ്ഥിതി എന്താണ് യാതൊരു സംശയവുമില്ല രാജാവിന് വേറെ ഒരു സാധനയും ചെയ്തിട്ടില്ല യോഗസാധന ചെയ്തില്ല പ്രാണായാമം ചെയ്തില്ല ജപം പോലും ചെയ്തില്ല ഒന്നിനും സമയമില്ലല്ലോ എന്ത് ചെയ്യാൻ പറ്റും ഏഴാമത്തെ ദിവസം മൃത്യു എന്ന് വെച്ചാൽ എന്ത് സാധന ചെയ്യാൻ പറ്റും എന്ത് ഭജനം ചെയ്യാം ഒന്നും ചെയ്തില്ല ശ്രവണം മാത്രം ഏഴു ദിവസം ശ്രവിച്ചു രാജാവ് അതുകൊണ്ട് തന്നെ പറയാണ് സിദ്ധോസ്മി അനുഗ്രഹീത്തോസ്മി ഭവതാ കരുണാത്മന ശ്രാവിതോ യക്ഷമേ സാക്ഷാദനാതിനിധനോ ഹരി ഭഗവൻ ഞാൻ സിദ്ധനായിരിക്കുന്നു ഞാൻ അനുഗ്രഹീതനായിരിക്കുന്നു അവിടുന്ന് എനിക്ക് ഹരിയെ ഹരിയെ പറഞ്ഞു തന്നിരിക്കുന്നു ജനന ആ ഭഗവത് തത്വം ഞാനിതാ കണ്ടെത്തിയിരിക്കുന്നു അവിടുന്ന് കരുണ ചെയ്തതിൽ അത്ഭുതമില്ല പക്ഷേ എനിക്ക് കിട്ടിയതാണ് അത്ഭുതം ആ വസ്തു സിദ്ധിച്ചതിലാണ് അത്ഭുതം എനിക്കിപ്പോ ഭയമില്ല ഭഗവൻ തക്ഷകാദിഭ്യോ മൃത്യുഭ്യോ നിഭമ്യഹം തക്ഷകൻ മുതലായ മൃത്യു എന്താന്ന് വെച്ചാൽ ഈ തക്ഷകൻ കടിച്ചിട്ടില്ലെങ്കിൽ വേറെ വല്ല വിധത്തിലും വരും മരണമൊന്നും ഇപ്പൊ വരാതിരിക്കില്ല ഒരു സൂക്കട് അല്ലെങ്കിൽ വേറെ ഒരു സൂക്കട് എങ്ങനെയെങ്കിലുമൊക്കെ മരിക്കണമല്ലോ ഇതെനിക്ക് ഭയമില്ല പ്രവിഷ്ടോ ബ്രഹ്മനിർവാണം അഭയം ദർശിതം ത്വയാ ഞാൻ ബ്രഹ്മനിർവാണ പദത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഭയമില്ലാത്ത സ്ഥിതി അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു അജ്ഞാനം ചിരസ്തമേ എന്ത് ഗംഭീരമായ പ്രഖ്യാപനം അജ്ഞാനം ചിരസ്തമേ ജ്ഞാന വിജ്ഞാന നിഷ്ഠയാ ഭഗവതാ ദർശിതം ക്ഷേമം പരം ഭഗവത പദം അവിടുന്ന് എനിക്ക് ഭഗവാന്റെ പദം കാണിച്ചു തന്നിരിക്കുന്നു പരമക്ഷേമം എന്ന് വെച്ചാൽ ആത്യന്തികം ക്ഷേമം ഇനി ഇതിൽ ക്ഷേമത്തിനൊരു കുറവും വരില്ല മൃത്യുവോ വ്യാധിയോ ജന്മമോ ജരയോ യാതൊന്നും സ്പർശിക്കാത്തതായ ഭഗവത് പദം അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു ഇനി ഞാൻ ഈ സ്ഥിതിയിൽ നിന്നും ചലിക്കില്ല ഇത്രയും പറഞ്ഞു പരീക്ഷിച്ച് പറഞ്ഞു ശുഖബ്രഹ്മ മഹർഷി പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു അവിടുന്ന് എനിക്ക് അനുമതി തരണം ഞാൻ പുറപ്പെടുക ഈ ശരീരമാവുന്ന ഗൃഹത്തിൽ നിന്നും എന്റെ യഥാർത്ഥ ഗൃഹത്തിലേക്ക് ഹൃദയത്തിലേക്ക് ഞാൻ പോവാണ് അതുകൊണ്ട് അവിടുന്ന് പുറപ്പെടുന്നതിന് മുമ്പ് അനുജാനീ ഹിമാം ബ്രഹ്മൻ വാചം യെച്ചാമി അതോക്ഷജെ ഇന്ദ്രിയങ്ങളെയൊക്കെ കര എന്താ കണ്ണുകളഞ്ചും ഉള്ളടക്കി തെരുതരെ വേണു വണങ്ങിയോതിടേണം അഞ്ചു ഇന്ദ്രിയങ്ങളും ഉള്ളടക്കി ഞാൻ സ്വരൂപത്തിൽ ഇരിക്കട്ടെ അവിടുന്ന് അനുമതി തരൂ എന്ന് പറഞ്ഞു സുഖബ്രഹ്മ ചിരിച്ചുകൊണ്ട് അവിടുന്ന് എഴുന്നേറ്റ് ഭിക്ഷുക്കളുടെ കൂടെ നിഗമകൽപ്പതരോർ ഫലം മുഖാത് അമൃതദ്രവസംയൂതം പിബദ ഭാഗവതം പിപദ ഭാഗവതം പിബദ ഭാഗവതം രസം മുഹുരലോഹോ രസാ ഭുവി ഭാവുക്കാ നിഗമകൽപ്പതോർഗിതം ഫലം ശുഖമുഖാദമൃത ദ്രവസംയുതം വീണ്ടും പിബദ ഭാഗവതം പിബദ ഭാഗവതം ഭാഗവതം പിബദ പിബദ എന്ന് അദ്ദേഹം അവിടെ ഞങ്ങളുടെ സ്വതന്ത്രനായയോ യാദൃച്ഛികോ മുനി ഭിക്ഷുക്കളോടുകൂടെ അദ്ദേഹം പുറപ്പെട്ടു പോയി പരീക്ഷിത്തോ സ്വയം ശരീരത്തിൽ നിന്നും പിൻവാങ്ങി സ്വരൂപത്തിൽ പരിനിഷ്ഠിതനായി സർവത്തോഭദ്രമായി സ്വരൂപത്തിൽ അങ്ങടിയിരുന്നു ബ്രഹ്മഭൂതോ മഹായോഗി ബ്രഹ്മഭൂതോ മഹായോഗി ഭഗവാൻ കൊളുത്തിയ വിളക്ക് ബ്രഹ്മാവിന്റെ ഹൃദയത്തിലേക്ക് മാറ്റിക്കൊളുത്തപ്പെട്ടു ബ്രഹ്മാവിന്റെ ഹൃദയത്തിൽ കൊളുത്തിയ വിളക്ക് നാരദന്റെ ഹൃദയത്തിലേക്ക് കൊളുത്തപ്പെട്ടു നാരദൻ കൊളുത്തിയ വിളക്ക് ശ്രീശുഖന്റെ വ്യാസന്റെ ഹൃദയത്തിലേക്കും വ്യാസനിൽ നിന്ന് ശുഗനിലേക്കും ശുഗനിൽ നിന്നും പരീക്ഷത്തിലേക്കും ആ വിളക്ക് ഒരു വിളക്ക് ഒരു വിളക്കിൽ നിന്നും മറ്റൊരു വിളക്ക് കൊളുത്തിയാലോ രണ്ടു ഒരേപോലെ തുല്യപ്രകാശം തദാത്മനാ തദാത്മനാ തദാത്മനാ തദാത്മന ആണ് എല്ലാ അതേപോലെ തന്നെ അതേ ഭഗവാൻ തന്നെ ഓരോരുത്തരുടെ ഹൃദയത്തിലും അങ്ങനെ പരീക്ഷി സ്വയം ബ്രഹ്മഭൂതനായിട്ട് തരുന്നു